നിങ്ങൾ രണ്ടുപേരും അള്ളാഹു സുബഹാനഹൂവചാളായോട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന് വിരുദ്ധമായി ഒത്തുചേരുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവചാള അദ്ദേഹത്തിന്റെ രക്ഷാധികാരിയാണ് ജബ്രീൽ അലിഹിസ്ലാമും സത്യവിശ്വാസികളിൽ ഉത്തമരായവരും അതിനുശേഷം മലക്കുകളും അദ്ദേഹത്തിന് സഹായികളാണ്